അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കൾ മുമ്പ് ശിർക്കു ചെയ്തിരുന്നു ഞങ്ങൾ അവർക്കു ശേഷം വന്ന സന്തതികളാണ് അതിനാൽ സത്യം നിഷേധിച്ചവർ ചെയ്ത കാര്യത്തിന് ഞങ്ങളെ അള്ളാഹു സുബാനഹുവ താല നശിപ്പിക്കുമോ എന്ന് നിങ്ങൾ പറയുകയാവാം